യൂണിറ്റ് എനിക്ക് ആരോടും കോപമില്ല ഞങ്ങളോ ഞങ്ങൾ ആരോടും വഴക്ക് കൂടുന്നില്ലല്ലോ പിന്നെ ഇവൻ എന്നോട് ഞങ്ങളുടെ കന്യാകുമാരി യാത്രയെപ്പറ്റി ചോദിക്കുന്നു ഞാൻ അവിടുത്തെ വിശേഷങ്ങളെല്ലാം പറയുന്നു അതിന് ഇത്ര ബഹളം കൂട്ടണോ ഒന്ന് പതുക്കെ സംസാരിക്കൂ നിങ്ങളുടെ യാത്രാവിവരണത്താൽ എനിക്കാണ് ബുദ്ധിമുട്ടൊക്കെ നിനക്കെന്താ ബുദ്ധിമുട്ട് നീ എന്തിനു വെറുതെ ഞങ്ങളോട് കോപിക്കുന്നു എനിക്കാരോടും കോപമില്ല ഞാൻ ആരോടും ദേഷ്യപ്പെടുന്നുമില്ല ഇന്നലെ രാത്രി എനിക്ക് തീരെ ഉറക്കമില്ലായിരുന്നു തലവേദന കാരണം എനിക്ക് ഉറങ്ങാൻ വയ്യായിരുന്നു ഇപ്പോഴെങ്കിലും ഒന്ന് ഉറങ്ങണം അതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല ഉറങ്ങണം അതിന് ഞങ്ങളോട് എന്തിനു തർക്കിക്കുന്നു തമാശയല്ല വർഗീസ് നിങ്ങളുടെ സംസാരം എന്നെ ശല്യപ്പെടുത്തുന്നു എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല ശരി ശരി ഞങ്ങളിതാ വെളിയിൽ പോകുന്നു ഞങ്ങളെ കൊണ്ടാർക്കും ശല്യം വേണ്ട വരും നമുക്ക് വെളിയിൽ പോകാം എന്നോട് പിണങ്ങല്ലേ വർഗീസ് എന്തോന്ന് മാധവ ആരോടാണ് ഈ പിണക്കവും ഇണക്കവും അവരോട് നീ എന്തിനാ അപേക്ഷിക്കുന്നു നല്ല രണ്ടു വഴക്കുകൊടുക്കണം വഴക്കു പിടിക്കാനും വഴക്കു പറയാനും ഒന്നും എന്നെ കൊണ്ടുവയ്യ പക്ഷേ വർഗീഷിനോടൊക്കെ അങ്ങനെ തന്നെ പെരുമാറണം നല്ല വാക്കുകൊണ്ട് പ്രയോജനമില്ല എനിക്കി കാര്യത്തിൽ നിന്നോട് യോജിക്കാൻ വയ്യ പിന്നെ പരാതി പറയരുത് എല്ലാം അനുഭവിക്കണം ഞാൻ നിന്നോട് പരാതി പറയുന്നില്ലല്ലോ നീ എന്നോട് നിന്റെ അഭിപ്രായം പറയുന്നു ഞാൻ അതിന് ഉത്തരവും തരുന്നു പരാതി പറയാനോ അന്യായം ബോധിപ്പിക്കാനോ ഇത് കോടതിയാണോ നീ നിന്റെ പാടു നോക്ക് ഞാനൊന്നുറങ്ങട്ടെ വർഗീസെ നിങ്ങൾ ആരോട് വഴക്ക് കൂടുന്നു വർഗീസെ നിങ്ങൾ ആരോട് വഴക്ക് കൂടുന്നു ഞങ്ങളോ ഞങ്ങൾ ആരോടും വഴക്ക് കൂടുന്നില്ലല്ലോ ഞങ്ങളോ ഞങ്ങൾ ആരോടും മഴക്ക് കൂടുന്നില്ലല്ലോ വിന ഇവൻ എന്നോട് ഞങ്ങളുടെ കന്യാകുമാരി യാത്രയെ പറ്റി ചോദിക്കുന്നു ഇവൻ എന്നോട് ഞങ്ങളുടെ കന്യാകുമാരി യാത്രയെ പറ്റി ചോദിക്കുന്നു ഞാൻ അവിടുത്തെ വിശേഷങ്ങളെല്ലാം പറയുന്നു ഞാൻ അവിടുത്തെ വിശേഷങ്ങളെല്ലാം പറയുന്നു അതിന് ഇത്ര ബഹളം കൂട്ടണോ അതിന് ഇത്ര ബഹളം കൂട്ടണോ ഒന്ന് പതുക്കെ സംസാരിക്കൂ ഒന്ന് പതുക്കെ സംസാരിക്കൂ നിങ്ങളുടെ യാത്രാ വിവരണത്താൽ എനിക്കാണ് നിങ്ങളുടെ യാത്രാ വിവരണത്താൽ എനിക്കാണ് ബുദ്ധിമുട്ടൊക്കെ നിനക്കെന്താ ബുദ്ധിമുട്ട് നിനക്കെന്താ ബുദ്ധിമുട്ട് നീ എന്തിനു വെറുതെ ഞങ്ങളോട് കോപിക്കുന്നു നീ എന്തിനു വെറുതെ ഞങ്ങളോട് കോപിക്കുന്നു എനിക്കാരോടും കോപമില്ല എനിക്ക് ആരോടും കോപമില്ല ഞാൻ ആരോടും ദേഷ്യപ്പെടുന്നുമില്ല ഞാൻ ആരോടും ദേഷ്യപ്പെടുന്നുമില്ല ഇന്നലെ രാത്രി എനിക്ക് തീരെ ഉറക്കമില്ലായിരുന്നു ഇന്നലെ രാത്രി എനിക്ക് തീരെ ഉറക്കമില്ലായിരുന്നു തലവേദന കാരണം എനിക്ക് ഉറങ്ങാൻ വയ്യായിരുന്നു തലവേദന കാരണം എനിക്ക് ഉറങ്ങാൻ വയ്യായിരുന്നു ഇപ്പോഴെങ്കിലും ഒന്നുറങ്ങണം ഇപ്പോഴെങ്കിലും ഒന്നുറങ്ങണം അതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല അതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല ഉറങ്ങണം ഉറങ്ങണം അതിന് ഞങ്ങളോട് എന്തിനു തർക്കിക്കുന്നു ർക്കുന്നു തമാശയല്ല വർഗീസ് തമാശയല്ല വർഗീസ് നിങ്ങളുടെ സംസാരം എന്നെ ശല്യപ്പെടുത്തുന്നു നിങ്ങളുടെ സംസാരം എന്നെ ശല്യപ്പെടുത്തുന്നു എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല ശരി ശരി ശരി ശരി ഞങ്ങളിതാ വെളിയിൽ പോകുന്നു ഞങ്ങളിതാ വെളിയിൽ പോകുന്നു ഞങ്ങളെ കൊണ്ട് ആർക്കും ശല്യം വേണ്ട ഞങ്ങളെ കൊണ്ട് ആർക്കും ശല്യം വേണ്ട വരൂ മോഹൻ വരൂ മോഹൻ നമുക്ക് വെളുവിൽ പോകാം നമുക്ക് വെളുവിൽ പോകാം എന്നോട് പിണങ്ങല്ലേ വർഗീസ് എന്നോട് പിണങ്ങല്ലേ വർഗീസ് എന്തോന്ന് മാധവ എന്തോന്ന് മാധവ ആരോടാണ് ഈ പിണക്കവും ഇണക്കവും ആരോടാണ് ഈ പിണക്കവും ഇണക്കവും അവരോട് നീ എന്തിനെ അപേക്ഷിക്കുന്നു അവരോടെ നീ എന്തിനു അപേക്ഷിക്കുന്നു നല്ല രണ്ട് വഴക്കു കൊടുക്കണം നല്ല രണ്ടു വഴക്കു കൊടുക്കണം വഴക്ക് പിടിക്കാനും വഴക്കു പറയാനും ഒന്നും എന്നെ കൊണ്ട് വയ്യ വഴക്കു പിടിക്കാനും വഴക്കു പറയാനും ഒന്നും എന്നെ കൊണ്ട് വയ്യ പക്ഷേ വർഗീഷിനോടൊക്കെ അങ്ങനെ തന്നെ പെരുമാറണം പക്ഷേ വർഗീസിനോടൊക്കെ അങ്ങനെ തന്നെ പെരുമാറണം നല്ല വാക്കുകൊണ്ട് പ്രയോജനമില്ല നല്ല വാക്കുകൊണ്ട് പ്രയോജനമില്ല എനിക്കി കാര്യത്തിൽ നിന്നോട് യോജിക്കാൻ വയ്യ എനിക്കിക്കാര്യത്തിൽ നിന്നോട് യോജിക്കാൻ വയ്യ പിന്നെ പരാതി പറയരുത് പിന്നെ പരാതി പറയരുത് എല്ലാം അനുഭവിക്കണം എല്ലാം അനുഭവിക്കണം ഞാൻ നിന്നോട് പരാതി പറയുന്നില്ലല്ലോ ഞാൻ നിന്നോട് പരാതി പറയുന്നില്ലല്ലോ നീ എന്നോട് നിന്റെ അഭിപ്രായം പറയുന്നു നീ എന്നോട് നിന്റെ അഭിപ്രായം പറയുന്നു ഞാൻ അതിന് ഉത്തരവും തരുന്നു ഞാൻ അതിന് ഉത്തരവും തരുന്നു പരാതി പറയാനോ പരാതി പറയാനോ അന്യായം ബോധിപ്പിക്കാനോ അന്യായം ബോധിപ്പിക്കാനോ ഇത് കോടതിയാണോ ഇത് കോടതിയാണോ നീ നിന്റെ പാട് നോക്ക് നീ നിന്റെ പാട് നോക്ക് ഞാനൊന്ന് ഉറങ്ങട്ടെ ഞാനൊന്ന് ഉറങ്ങട്ടെ ഡ്രിൽസ് നിങ്ങൾ ആരോട് വഴക്ക് കൂടുന്നു നിങ്ങൾ ആരോട് വഴക്ക് കൂടുന്നു രാജൻ മധുവിനോട് വിശേഷം പറയുന്നു രാജൻ മധുവിനോട് വിശേഷം പറയുന്നു അദ്ദേഹം ആരോടും ഒന്നും ചോദിക്കുന്നില്ല അദ്ദേഹം ആരോടും ഒന്നും ചോദിക്കുന്നില്ല നല്ല വാക്കുകൊണ്ട് പ്രയോജനമില്ല നല്ല വാക്കുകൊണ്ട് പ്രയോജനമില്ല നല്ല വാക്കാൽ പ്രയോജനമില്ല നല്ല വാക്കാൽ പ്രയോജനമില്ല പണം കൊണ്ട് എല്ലാം വാങ്ങാമോ പണം കൊണ്ട് എല്ലാം വാങ്ങാമോ പണത്താൽ എല്ലാം വാങ്ങാമോ പണത്താൽ എല്ലാം വാങ്ങാമോ നിങ്ങളുടെ ബഹളം കൊണ്ട് എനിക്ക് ഉറങ്ങാൻ വയ്യ നിങ്ങളുടെ ബഹളം കൊണ്ട് എനിക്ക് ഉറങ്ങാൻ വയ്യ നിങ്ങളുടെ ബഹളത്താൽ എനിക്ക് ഉറങ്ങാൻ വയ്യ നിങ്ങളുടെ ബഹളത്താൽ എനിക്ക് ഉറങ്ങാൻ വയ്യ നിങ്ങളുടെ ബഹളം കാരണം എനിക്ക് ഉറങ്ങാൻ വയ്യ നിങ്ങളുടെ ബഹളം കാരണം എനിക്കുറങ്ങാൻ വയ്യ തലവേദന കൊണ്ട് ഇരിക്കാൻ വയ്യ തലവേദന കൊണ്ട് ഇരിക്കാൻ വയ്യ തലവേദനയാൽ ഇരിക്കാൻ വയ്യ തലവേദനയാൽ ഇരിക്കാൻ വയ്യ തലവേദന കാരണം ഇരിക്കാൻ വയ്യ തലവേദന കാരണം ഇരിക്കാൻ വയ്യ ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ശല്യം വേണ്ട ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ശല്യം വേണ്ട ഞങ്ങളാൽ നിങ്ങൾക്ക് ശല്യം വേണ്ട ഞങ്ങളാൽ നിങ്ങൾക്ക് ശല്യം വേണ്ട ഞങ്ങൾ കാരണം നിങ്ങൾക്ക് ശല്യം വേണ്ട ഞങ്ങൾ കാരണം നിങ്ങൾക്ക് ശല്യം വേണ്ട എന്നോട് പിണങ്ങല്ലേ എന്നോട് പിണങ്ങല്ലേ ആ കാര്യം ചോദിക്കല്ലേ ആ കാര്യം ചോദിക്കല്ലേ േ ബഹളം ഉണ്ടാക്കല്ലേ എക്സ്പാൻഷൻ ഡ്രിൽ മോഡൽ മോഹൻ തർക്കിക്കുന്നു മോഹൻ വെറുതെ തർക്കിക്കുന്നു കൂട്ടുകാരോട് ർക്കുന്നു മോഹൻ എപ്പോഴും കൂട്ടുകാരോട് വെറുതെ തർക്കിക്കുന്നു നൗ പോളത മോഡൽ ആരും വഴക്കുകൂടരുത് വെറുതെ ആരും വെറുതെ വഴക്ക് കൂടരുത് കുഞ്ഞുങ്ങളോട് ആരും കുഞ്ഞുങ്ങളോട് വെറുതെ വഴക്ക് കൂടരുത് നീ പിണുങ്ങല്ലേ അയാളോട് നീ ആ വഴക്ക് കാരണം അയാളോട് പിണങ്ങല്ലേ നീ ആ ാരണം അയാളോട് പിണങ്ങല്ലേ പ്രയോജനം ഇല്ല ജോലിക്കാരെ കൊണ്ട് ജോലിക്കാരെ കൊണ്ട് പ്രയോജനം ഇല്ല അങ്ങനത്തെ അങ്ങനത്തെ ജോലിക്കാരെ കൊണ്ട് പ്രയോജനം ഇല്ല ഇപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ ജോലിക്കാരെ കൊണ്ട് പ്രയോജനം ഇല്ല പണം കൊണ്ട് വാങ്ങുന്നു ജീവിതസുഖമെല്ലാം പണം കൊണ്ട് ജീവിതസുഖമെല്ലാം വാങ്ങുന്നു കള്ളക്കടത്തുകാർ പണം കൊണ്ട് കള്ളക്കടത്തുകാർ ജീവിതസുഖമെല്ലാം വാങ്ങുന്നു എന്നോട് നീ എന്നോട് പറയല്ലേ നിന്നോട് യോജിക്കാൻ നിന്നോട് യോജിക്കാൻ നീ എന്നോട് പറയല്ലേ ഈ കാര്യത്തിൽ മാത്രം ഈ കാര്യത്തിൽ മാത്രം നിന്നോട് യോജിക്കാൻ നീ എന്നോട് പറയല്ലേ സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്രിൽ ആ കുട്ടികൾ അമ്മയോട് എപ്പോഴും തർക്കിക്കുന്നു ആ കുട്ടികൾ അമ്മയോട് എപ്പോഴും പറയുന്നു ചോദിക്കുന്നു കുട്ടികൾ അമ്മയോട് എപ്പോഴും ചോദിക്കുന്നു ആ കുട്ടികൾ അമ്മയോട് എപ്പോഴും വഴക്കുകൂടുന്നു പിണങ്ങുന്നു ൾ അമ്മയോട് എപ്പോഴും പിണങ്ങുന്നു ആ കുട്ടികൾ അമ്മയോട് എപ്പോഴും സംസാരിക്കുന്നു അപേക്ഷിക്കുന്നു ആ കുട്ടികൾ അമ്മയോട് എപ്പോഴും അപേക്ഷിക്കുന്നു രാജൻ അച്ഛനോട് തർക്കിക്കുന്നു മധുവിനോട് രാജൻ മധുവിനോട് തർക്കിക്കുന്നു കമലയോട് രാജൻ കമലയോട് തർക്കിക്കുന്നു സതിയോട് രാജൻ സതിയോട് തർക്കിക്കുന്നു അദ്ദേഹത്തിനോട് രാജൻ അദ്ദേഹത്തിനോട് തർക്കിക്കുന്നു പ്രദീപിനോട് രാജൻ പ്രദീപിനോട് തർക്കിക്കുന്നു എന്നോട് രാജൻ എന്നോട് തർക്കിക്കുന്നു നമ്മളോട് രാജൻ നമ്മളോട് തർക്കിക്കുന്നു വാക്കുകൊണ്ട് മാത്രം വലിയ പ്രയോജനമില്ല പണം കൊണ്ട് പണം കൊണ്ട് മാത്രം വലിയ പ്രയോജനമില്ല സത്യം കൊണ്ട് സത്യം കൊണ്ട് മാത്രം വലിയ പ്രയോജനമില്ല ഇഷ്ടം കൊണ്ട് ഇഷ്ടം കൊണ്ട് മാത്രം വലിയ പ്രയോജനമില്ല ബഹളം കൊണ്ട് മാത്രം വലിയ പ്രയോജനമില്ല എന്നെ കൊണ്ട് നിങ്ങൾക്ക് പ്രയാസം വേണ്ട അവനെ അവനെ കൊണ്ട് നിങ്ങൾക്ക് പ്രയാസം വേണ്ട അവളെ കൊണ്ട് അവളെ കൊണ്ട് നിങ്ങൾക്ക് പ്രയാസം വേണ്ട അതിനെ കൊണ്ട് അതിനെ കൊണ്ട് നിങ്ങൾക്ക് പ്രയാസം വേണ്ട സരളയെ കൊണ്ട് സരളയെ കൊണ്ട് നിങ്ങൾക്ക് പ്രയാസം വേണ്ട മധുവിനെ കൊണ്ട് മധുവിനെ കൊണ്ട് നിങ്ങൾക്ക് പ്രയാസം വേണ്ട വഴക്കു പിടിക്കാൻ എന്നെ കൊണ്ട് വയ്യ വഴക്ക് പിടിക്കാൻ നിങ്ങളെ കൊണ്ട് വയ്യ അവർ വഴക്കുപിടിക്കാൻ അവരെ കൊണ്ടുവയ്യ വഴക്ക് പിടിക്കാൻ സുമതിയെ കൊണ്ടുവയ്യ ശാന്ത വഴക്ക് പിടിക്കാൻ ശാന്തയെ കൊണ്ടുവയ്യ കുമാർ വഴക്ക് പിടിക്കാൻ കുമാറിനെ കൊണ്ടു വഴക്കു പിടിക്കാൻ കുട്ടിയെ കൊണ്ട് വയ്യമെന്റ് ഡ്രിൽ മോഡൽ വൺ തലവേദന കൊണ്ട് ഉറങ്ങാൻ വയ്യ തലവേദനയാൽ ഉറങ്ങാൻ വയ്യ നൗ ഫോളോ ദ മോഡൽ ദാഹം കൊണ്ട് നടക്കാൻ ദാഹത്താൽ നടക്കാൻ വയ്യ അസുഖം കൊണ്ട് ഇരിക്കാൻ വയ്യ അസുഖത്താൽ ഇരിക്കാൻ വയ്യ ചൂട് കൊണ്ട് ഉറങ്ങാൻ വയ്യ ചൂടിനാൽ ഉറങ്ങാൻ വയ്യ മോഡൽ ടു അസുഖം കൊണ്ട് നടക്കാൻ വയ്യ അസുഖം കാരണം നടക്കാൻ വയ്യ നൗ ഫോളോ ദ മോഡൽ സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ സന്തോഷം കാരണം ഇരിക്കാൻ വയ്യ സുഖക്കേട് കൊണ്ട് സന്തോഷം ഇല്ല സുഖക്കേട് കാരണം സന്തോഷമില്ല അതുകൊണ്ട് ശല്യമില്ല അത് കാരണം ശല്യമില്ല മോഡൽ ത്രീ എന്നെ കൊണ്ട് ശല്യമുണ്ടോ ഞാൻ കാരണം ശല്യമുണ്ടോ നൗ ഫോളോ ദോഡൽ അവളെ കൊണ്ട് എല്ലാവരും ജീവിക്കുന്നു അവൾ കാരണം എല്ലാവരും ജീവിക്കുന്നു സുമയെ കൊണ്ട് നിനക്കെന്ത് പ്രയാസമായിരുന്നു സുമ കാരണം നിനക്കെന്ത് പ്രയാസമായിരുന്നു മൂത്ത മകനെ കൊണ്ട് അവർക്ക് ഭയങ്കര ശല്യമാണ് മൂത്ത മകൻ കാരണം അവർക്ക് ഭയങ്കര ശല്യമാണ് മോഡൽ ഫോർ നിങ്ങൾ ആരോടും പറയരുത് നിങ്ങൾ ആരോടും പറയല്ലേ നൗ ഫോളോ ദോഡൽ കുഞ്ഞുങ്ങളെ ശല്യപ്പെടുത്തരുത് കുഞ്ഞുങ്ങളെ ശല്യപ്പെടുത്തല്ലേ അത്ര വേഗം കോപിക്കരുത് അത്ര വേഗം കോപിക്കല്ലേ ഞങ്ങളോട് വെറുതെ പിണങ്ങരുത് ഞങ്ങളോട് വെറുതെ പിണങ്ങല്ലെ